ഇന്നത്തെ നാടകം ജമാലിന്റെ സ്വപ്നങ്ങൾകൃഷ്ണൻ കെ ചെറുകര കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ഡോക്ടർ ജിംറീസ് സാദിഖ് ഉണ്ണിരാജൻ ചെറുവത്തൂർ നിഷ ശിവൻ സംവിധാനം ടി വി പ്രശാന്ത് കുമാർ ജമാലിന്റെ സ്വപ്നങ്ങൾ ില്ലല്ലാ ഓന എവിടിയാ പോയത് നേരെ ഞമ്മക്കിന്ന് പള്ളി പോവാനും പറ്റൂല പർച്ചോനെ ഞമ്മളെ അനിയത്തിക്ക് വേണ്ടിട്ടാട്ടാ ഓക്ക് നല്ലൊരു പുയ്യാപ്ലേനെ വേണം ഒരു സുൽത്താനെ പോലെ ഞമ്മളെ സെൽമാന്ന് പറഞ്ഞ ഓള് പടച്ചവന്റെ തയ പറ്റിയേ നീ ഇതാരോടാ വിഷയം പറയുന്നേ നിനക്ക് ജിന്നു കൂടിയാ ഹാ നല്ല നീ എപ്പ വരാന്നാ പറഞ്ഞേ അസ്രന് വരുന്നു പറഞ്ഞിട്ട് ഇപ്പോ എന്റെ മഗ്രീബിന്റെ ബാങ്കും കൊടുത്തു കഴിഞ്ഞു എന്റെ സെൽമ ക്കം കത്തി വച്ച് കൊടുവാളം പിടിച്ച് പേടിച്ച് ബിരിക്കും പോരക്ക് ഞമ്മളെ കേട്ടത് വെച്ച് വല്യ തമാശ ഇപ്പാർ തമാശ തമാശത്തിയാ ആശീസേ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങ ചൂടാവല്ലാ ഓളെ കണ്ടിട്ടല്ലേ ഒരു പുയാപ്പിള്ള നോക്കണ്ടേ ഇങ്ങള് ഇവിടുത്തെ ഗാദരാജിക്ക മോള് മൈമൂനെ കണ്ടിനാ ഓളേക്കാൾ എന്നാല് നമ്മക്ക് ഒരു നല്ല നെയ്മീന തന്നെ പിടിക്കണം ഞമ്മളോളെ പ്ലസ് ടു വരെ പഠിപ്പിച്ചിനി ക്ലാസ്സിൽ ഓളെ ആ ഗേ ടീച്ചർ ഞമ്മളോട് പറഞ്ഞത് ആഹാ എന്നിട്ട് നീ എന്താ പറഞ്ഞ ഞമ്മളൊന്നും പറഞ്ഞില്ലടോ കൊറേ നേരെ ചിരിച്ച് ആ ടീച്ചർക്കൊക്കെ മനസ്സിലായി ഞാൻ എന്റെ ഓർമയിൽ ഇതുപോലെ ചിരിച്ചല്ലടോ അസീസേ അല്ല ചമാല ഒരു കാരൻ ചോദിച്ചോട്ടെ നിന്റെ പോരേന്റെ അടുത്ത് വരെ കാറ് പോവോ പോക്കർക്കാന്റെ അടുത്ത് വരെ പോവുമല്ല പിന്നെ അവിടെ കാ മണിക്കൂർ നടന്നാ പോരടോ അത് ശെരി ഞാൻ പറയുമ്പോ നിനക്ക് ഭസ്മൻ തോന്നണ്ട ഇപ്പോ കാറ് പോവാത്ത പോരേന്ന് ആരാ പെണ്ണ് കെട്ടാൻ വരാ ആരും വരൂല ആരും പെണ്ണെടുക്കുകയും ചെയ്യില്ല ബേജാറായിട്ട് കാരുടോ അതാ സത്യം നമ്മൾ എന്താശ്യത് ചെയ്യണ്ട് അയിനെ നമ്മക്കെന്തെങ്കിലും ഒരു ഭയുണ്ടാക്കാം ഞമ്മളൊന്ന് ആലോചിക്കട്ടെ എനിക്ക് വേറെ ആരുല്ലേ പെങ്ങൾ എങ്ങനെ രക്ഷിക്കണം ഞങ്ങൾ ജീവൻ തരാൻ തയ്യാറാ അത്രക്കാണെങ്കില് നമ്മളൊരു സൂത്രം പറഞ്ഞു തരാം പക്കയെങ്കില് കൊറേ ചൊര പിടിച്ച പണിയാ എനക്ക് വേണ്ടി എന്റെ അസീസെ നീ എന്നും സഹായിക്കണം പടച്ചെന്നെ സഹായിക്കും അങ്ങനെയെങ്കില് നിങ്ങക്ക് നിങ്ങക്കിപ്പോ എത്ര പണം ഉണ്ടാക്കാൻ പറ്റൂ എന്റെ അസീസേ ഈ അങ്ങാടിന്ന് അഞ്ചെട്ട് കൂലിക്കാരോടൊപ്പം പണിയെടുത്താൽ കിട്ടുന്നത്രയാ അയിന് ഞമ്മള് സൽമാന്റെ പേരിൽ ഒരു കുറി തുടങ്ങിയ അതിനുമുമ്പ് ബാനശാലയിൽ കൂടിയ ചിട്ടിപ്പണം ഇവിടത്തെ സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കൊറേ കടവും വാങ്ങിക്കാലാ എന്നാലോ എല്ലാം കുറി എത്ര ഇണ്ടാക്കാൻ പറ്റൂര് പത്തറുപതിനായിരം ഉറുപ്യ അത്രയാവും എന്താ ചിരിക്കുന്നു വലിയൊരു കായി അല്ലേത് അത്രയും ഞമ്മളുണ്ടാക്കാൻ പെട്ട പാട് ഈ അങ്ങാടിയില് അത്രയും പണം മറ്റാര ഈ കൂലിപ്പണി എടുത്ത് നിങ്ങ ആളൊരു ശുദ്ധനാ പക്ഷേ ആനനെ മോഹം വെച്ചിട്ട് കുയ്യാനെ വാങ്ങാനുള്ള പണവും കൊണ്ട് നമ്മക്കേത് പുതിയാപ്പിളിനെ കിട്ടാ സീസേ ഇവിടുത്തെ പുയ്യാപ്പിളമാരെല്ലാം കോയി മാടും പോലെ പൈസ കൊടുത്ത് വാങ്ങണ്ടതാ ശരി കാര്യം പറഞ്ഞ നിങ്ങ പറഞ്ഞതാ ശരി ഞങ്ങൾ നാട്ടിലിപ്പോ ചോരി നീരും മൊഞ്ചുള്ള പുയാപ്പ്ളമാർക്ക് കാനത്ത ബലയാ അമ്പിനായിരോ ഒന്നര ലക്ഷം പേരല്ലേ എന്റെ പഠിച്ചോനെ ഈ എന്താ ഈ അങ്ങാടി ബലക്ക് വാങ്ങണ്ട കാര്യ പറയുന്ന എന്നാ ഞമ്മള് ഓട്ടെ റബി ലാഹിലായ തമ്പുരാനെ നീ പോവാനാ പിന്നെ ഞമ്മക്കാരട ഉള് ണ്ടായിരുന്നെങ്കിൽ ജമാലെ ഞമ്മൾ നിനക്ക് കടം തന്നേനെ പാണോ ആശീസേ നീ എന്തേലും ഒരു സൂത്രം പറഞ്ഞ ആ ഒരു സൂത്രമുണ്ട് നിന്നെ കൊണ്ടത് പറ്റുവോ ജമാലെ പറ്റും ഞമ്മളെന്തു ചെയ്യും ഞമ്മളെ സൽമാക്ക് വേണ്ടിട്ടല്ലേ ഓൾ ഒമ്പതാം മാസത്തിൽ പത്ത് വയസ്സുള്ള ഞമ്മന്റെ കയ്യില് തന്നിട്ടാ ഉമ്മ പോയത് അല്ല അപ്പൊ നിന്റെ പാപ്പ കൂടിയാ അത് ഉമ്മ നമ്മളോട് പറഞ്ഞിട്ട് ഉപ്പ നല്ല ആളാന്ന് മാത്രമ്മാരായിരുന്നു നല്ലേ പറയൂ നല്ലേ കേക്കു ആരെന്ത് പറഞ്ഞാലും ഉമ്മ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും പലരും അന്ന് ഉമ്മാനോട് പറയണത് നമ്മള് കേട്ടിനി എന്തോന്ന് നീ നല്ലോളാ പാത്തിമാ നീ നന്നായി വരും എന്റെ മോനം നല്ലോനാ ഓ പറന്ന ും പുള ആടെ പല്ല ജയിലായിരിക്കും ഒരു അവിടുത്തെ നിയമങ്ങളല്ലേ വരും വരാണ്ടിരിക്കില്ല എന്നിങ്ങനെ അല്ല നിന്റെ കയ്യിലുള്ള പണത്തിന് നമ്മളൊരാളെ കാണിച്ചു തരാം പക്ഷേ പറ പറ ആരാടാ പുയ്യാപ്പിള ഉശിരുള്ളനാ ഉശിരനൊന്നും കുറവില്ല മൂന്ന് കെട്ടിയിട്ടുണ്ട് എന്റെ പെങ്ങളെ വെച്ച് നീ കളിയാക്കുന്ന പൊറുക്കൂലേട്ടാറഞ്ഞേക്കാം ജമാല ഓടാ ജമാല ഇത് കേക്ക് ഇത് കളിയല്ല നമ്മള് സത്യ പറയുന്നേ നിന്റെ കയ്യിൽ അത്രേ കിട്ടൂനെ ഒരു മാലാകേനെ പോലെ ഞമ്മളോളം വളർത്തിയത് എന്നിട്ട് പോക്കരിക്കാരനായ ഇറച്ചിക്കാരൻ പോക്കർക്ക് എന്റെ പങ്ങള് സൽമാനെ കൊടുക്കേ അതിന് മുമ്പ് ഞമ്മൾ വയ്യത്താവും ഒമ്പത് മാസം പോലും തികയാത്ത മോള് എല്ലൂന്തിയ ഞമ്മളെ നെഞ്ചത്ത് അമ്മിഞ്ഞപ്പാലിന് പരതുമായിരുന്നു അമ്മളൊക്കെ ചീരകോളുണ്ടാക്കി കൊടുക്കും കരച്ചിൽ നിർത്താന് കളിന്നേ പറയണ്ടു അന്നേരം അരച്ചില് നിർത്തും എന്റെ സങ്കടം നമ്മള് മനസ്സിലാക്കീന് പറ്റെങ്കില് നമ്മക്കെന്ത് ചെയ്യാൻ പറ്റൂ നീയൊരു ബൈ ആലോചിക്കെ നീ വിപരുള്ളവനാ കൊറച്ച് കൊറച്ച് വിഷമമുള്ള ഒരു കാര്യ പറയാൻ പോന്ന് നിന്നെ കൊണ്ടത് പറ്റുമോ ജമാലെ നമ്മളെ സൽമാക്ക് വേണ്ടിട്ട് ഞമ്മള് മരിക്കാനും തയ്യാറാ പക്കെങ്കില് ഓക്ക് സുഖം കിട്ടണം ീ പറ എന്താ വേണ്ടത് നിനക്ക് സമ്മതാണെങ്കില് പുതിയൊരു പരിപാടി ഉണ്ടിപ്പോ ഞമ്മക്ക് നൂറോട്ട സമ്മതാ നീ കാര്യം പറ മുമ്പല്ലോ ഈ കിട്ടിനി കേടായി മയ്യത്താവുന്നതിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിന് കേട്ടിനി അപ്പുറത്തെ രാമൻ നായരെ മോള് അങ്ങനെ എന്നാ ഇപ്പൊ ആ സ്റ്റോക്കേട് വന്ന പൈസക്കാർ മരിക്കൂല ഏ അതെ ഇപ്പൊ പണുള്ളവർക്ക് വേറെ ആളെ കിട്ടണി മാറ്റി വെക്കാലാ കൊടുക്കുന്നവർക്ക് പണവും കിട്ടും എന്റെ അസീസേ ഇത് അന്നേ ഞമ്മന്റെ മനസ്സിൽ തോന്നിയതാ നീ ഒരാളെ നോക്ക് ഞമ്മടെ രണ്ട് കിഡ്ണിയും വിൽക്ക എടാ മലാലെ രണ്ടും എടുത്താൽ നിങ്ങ മയ്യത്താവൂലേ അങ്ങനെ എടുക്കൂല്ല മാത്രല്ല നിങ്ങളെ പെങ്ങളെ നിക്കാതെ പിന്നെ ആരാ നടത്താ ശെരിയാ എന്നാ ഒന്നിനെന്ത് വില കിട്ടും ഒരു ലക്ഷം കിട്ടുവാ ഒന്നിനെ ഒരു ഒന്നര ലക്ഷം നമ്മൾ വാങ്ങി തരാം പറ്റിയ ഒരു പുയാപ്പിളിനെ സമ്മതിച്ചു നീ ആളെ കൊണ്ടുപോവാട ഉള്ള് തലയിലാ എന്ത് നടുവിന്റെ അത് മാത്രല്ല അയിനെ അയിന് ഇനിയും കൊറേ പണി ഉണ്ടോ ചാമലെ ആദ്യോ അതിനുള്ള സൈസ് തിരിക്കണോ പിന്നെയോ അത് വേണ്ടുന്നോടെ കണ്ടെത്തണോ ചുമ്മണി വെച്ച് മയ്യത്താകും പടച്ചോനെ ഓളോട് ഇത് പറഞ്ഞുകൂടാ കളപ് പറയണം ഞമ്മളെ മോളോട് ആദ്യമായിട്ടാ ഞമ്മള് കളവ് പറയാൻ പോന്ന് അപ്പൊ പിന്ന പിന്നാരാ നിന്നെ സഹായിക്കാനുള്ള പടച്ചോൻ പടച്ചോ മാത്രം എന്നാ ഒരു കാര്യം ചെയ് നീ പടച്ചോ എന്നോട് പോയിട്ട് ഒരു ഒന്നൊന്നര മാസം ആശുപത്രിയിൽ നിൽക്കുവോന്ന് ചോദിച്ചിട്ട് വാ അല്ല സീസെ അനക്ക് നിന്നൂടെ വെറുതെ വേണ്ട ഞമ്മൾ കായ്തരാ അനക്ക് വേണ്ട ഒരു ലാഭം നമ്മളെ കാര്യം മാത്രം മതിയാ അത് അതിപ്പോ ആ ശരി നമ്മ സമ്മതിച്ച് ഇനി അതിനുള്ള ആളെ കണ്ടെത്തിട്ടെ നിങ്ങ നാളെ ജില്ലാ ആസ്പത്രിന്റെ അടുത്തുണ്ട് അപ്പൊ ഞമ്മക്കാ സാമാനം വെക്കാ മറന്നുപോയാ അത് അതുണ്ടല്ല ഈ കുരുമുളക് കുരുമുളക് സൈസ് തിരിക്കുന്നുണ്ടല്ലോ ആ സൈസ് തിരിക്കുമ്പോൾ ഒരു പരിപാടിയുണ്ട് അത് നിങ്ങ അവിടെ വന്നാ ഞാൻ പറയാ പിന്ന നിങ്ങ ആ നമ്പറിങ്താ ആ മുമ്പ് പത്ത് പോവന്റെ മാല കിണറ്റിൽ വീണപ്പോ എടുത്തു കൊടുത്തപ്പോ കിട്ടിയ സമ്മാനാ ഈ മൊബൈല് വിറ്റാരുപ്പിട്ടു ആയിരം രൂപ ഇയാളെ ഇത് ലോകത്താ എന്താ എന്താ ശിസേ ഈ വെറുക്കുന്നു ഹേ ഒന്നൊന്നുമില്ല ജമാല ദ സമയത്തിനായി ഭർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല മോള് സേൽമ ഇപ്പൊ കൊടുവാളും പൊക്കിപ്പിടിച്ച് ആ മുട്ടപ്പക്കം പിടിച്ച് വൈ നിക്കുന്നുണ്ടാവും നോക്കി നോക്കി നിൽക്കുന്നുണ്ടാവും ഇക്കാ ഇക്കാന്ന് പറഞ്ഞ് ആ പൊന്നും മനസ്സ് ഉരുകുന്നുണ്ടാവും കാക്കണേ ആസീസേ ഞാൻ പോണേ എല്ലാം പറഞ്ഞ പോലെ വിളക്കുംല്ല ഇരുട്ട് വയ്യും കാണുന്നില്ല പണ്ടൊക്കെ ടോർച്ചായിരുന്നു കത്തിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മൂവിയിലായി പച്ചങ്കില് വെളിച്ചം തീരെ പോരാ ഈ നായി എന്റെ നേരത്തെല്ല വരുന്നപ്പാർ വടിയും കല്ലും ഒന്നും കാണുന്നില്ലല്ലോപ്പാ നീ പഠിച്ചോ സൃഷ്ടിയല്ലേ നമ്മൾ ഒന്നല്ലട നീ എന്നെ ഇപ്പൊ കടിച്ചു പരിപാടി എല്ലാം വെള്ളത്തിലാവും അതുകൊണ്ട് നമുക്ക് സബൂറ പൊന്നു മോക്ക് വെച്ച ബിസ്ക്കറ്റ് തിന്നോ തിന്നോ യ്യോ ആ ഇപ്പൊ നമ്മൾ ഒന്നായില്ലേ ആ മനുഷ്യനായാലും നായ ആയാലും എല്ലാർക്കും വേണ്ടത് അപ്പ കഷണങ്ങളാ അനക്ക് ആരോടൊന്നും പറയാനില്ലേ നായേ ആ പറഞ്ഞാൽ ആർക്കാ മനസ്സിലാവുക പച്ചെങ്കിൽ എനക്ക് മനസ്സിലാവും നീയും ഞമ്മളെ പോലെയല്ലേ കുറെ അനുഭവിച്ച് കാണുമല്ലോ എന്നാ കേട്ടോ ഞമ്മളെ സെൽമാന്റെ നിക്കാഹ അന്ന് വന്നാല് അവനക്കും ഞമ്മളൊരു ബിരിയാണി കൂട്ടിത്തരും എന്റെ മോള് വലിയൊരു പുയ്യാപ്പിള എന്റെ വീടനാകും മിന്നുന്ന കുപ്പായം മുഞ്ചുള്ള തോപ്പിയും പിന്നെ കണ്ണാടിയും കഴുത്തിൽ സ്വർണ്ണമാലിയുമുള്ള ഞമ്മള് പറഞ്ഞ പുയ്യാപ്പിളക്ക് ഒന്നര ലക്ഷം ഉറുപ്പ്യ ബല ഞമ്മളെ മോൾക്ക് ഒന്നര കോടി ഉണ്ടെങ്കിൽ ഞമ്മൾ കൊടുക്കും നീത് തിന്നോ തിന്നു ഒന്നര ലക്ഷത്തിലുള്ള കോപ്പയെ പഠിച്ചോ ഞമ്മക്ക് തന്നിട്ടു ഞമ്മളെ മോളനീ കണ്ടോളത്ര മൊഞ്ചുള്ള പെണ്ണ് വീടെ വേറെ ഇട ഉള്ളു ഓള ഭംഗിയും നിറവും കൊണ്ട് നോക്കിയാൽ ഓട്ടും കൊടുക്കണ്ടോ ഒന്നര കോടി റുപ്യമ് നല്ലൊരു കൂട്ടുണ്ടാ പോരെ എത്തിക്കണം ോട്ടാ ആ പോയിക്കോനെ പോയിക്കോടുക്കിങ്ങളെ പെങ്ങക്ക് വെച്ച ബിസ്ക്കറ്റ് ഉള്ള തീർന്നല്ല അല്ലെ മോളെവിടെ പോയി കിടക്കയാണ് ഓർമ്മയാണ് വാലോർക്ക മോളെ ഇക്ക വന്നിരിക്കണേ ഇവിളിത്രേഗം ഉറങ്ങിയ പോയാ ഇക്കാദ്യ ആഴ്ച എത്ര വൈകിയത് മാപ്പാക്കണം അനക്ക് നിക്കാൻ്റെ കാര്യം ഉറപ്പിക്കാനാ പോയത് മോളെ ആതിരി ഉറക്കു മോളെ മോളെ മോളെ അനക്കെന്താ പറ്റിയത് യ്യതാകൾക്ക് ഒരുക്കുമ്പോ കോഴിക്കോട്ടുന്ന കോഴികൾ ബഹളം വെക്കുമ്പോ അട്ടത്ത് നില എന്ത് മതിയാ എന്റെ മോള് പിന്നെ പോവണ്ടതുണ്ട് അനക്ക് നിക്ക അതിന്റെ സമയായി അനക്കൊരു പുയ്യാപ്ലേനെ വേണം നല്ല പുളമാരൊന്നും ഇവിടെ നിക്കൂല അതോണ്ട് മോൻ നിക്കാ കഴിച്ച് പോണം എന്തെങ്കിലും ഇക്കാക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല മോക്കൊരു ഭാവി വേണം സുഖവും സ്വർക്കവും അനുഭവിക്കണം നീ ും പടച്ചോനൊന്നും അല്ല നമ്മളെ കാക്കുന്നത് ഈ കൊടുപാള ഇക്ക ഇല്ലാത്തപ്പോ ആരെല്ലാം എന്തെല്ലാം ഇവിടെ കാട്ടണത് അതോണ്ടാ അതോണ്ടാ നമ്മള് പറയുന്നേ മോക്ക് നല്ലൊരു പൂയ്യാപ്പളന് ഇക്ക കാണാ പോണ്ട് സുൽത്താന് ഇക്ക പറഞ്ഞതെല്ലാം മോട്ട നല്ലതിനാ ചെമ്മീൻ വാങ്ങിക്കുന്നു കുഞ്ഞു ചെമ്മീൻ അത് നുള്ളി എടുക്കാൻ ഒന്നര മണിക്കൂർ എടുത്തായിരുന്നോ ഇരുപത്തി അഞ്ചു നമ്മൾ അതെല്ലാം പണക്കാർക്ക് അതാ ഞമ്മള് പറഞ്ഞത് ഞമ്മക്കൊരു പണക്കാരൻ പുയ്യാപ്പളേനെ വേണെന്ന് പിന്നെ ഞമ്മളെ കരിപ്പിക്കല്ലേ ഭദ്രീങ്ങളെ നീ ഇനിയും ചോറ് വെച്ചിട്ടില്ല അതിലും വേറെ ആളും നോക്കണം യാത്രക്കാരുടെ ശ്രദ്ധിക്കും ട്രെയിൻ നമ്പർ അറുപത്തി ആറ് ഇരുപത്തി ഏഴ് ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന വെസ്കോ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് യാത്രയോ കൃത്യാഖം ഗഡി നമ്പർ നമ്മുടെ മൂന്നാമത്തെ പ്രാവശ്യ തീവണ്ടിയിൽ കയറി ജീവിതം തീവണ്ടിയിലാ The trip from Chennai to Mangalos will arrive shortly on platform number 1. Chaya Chaya Samosa Ullunggoda Chaya Chaya Chaya Chaya Chaya Chaya സമോസ സമോസ പരിപാട ചായ പരമ്പരി ഛായ ചായ ചായ ആൾക്കാരുണ്ടല്ലോ മുക്കളാലും ആശുപത്രി പോന്നോ നീ പറഞ്ഞത് എന്തെന്ന് അതിനെന്താ സംശയോ ഇപ്പോ മോട്ടോർ വണ്ടിന്റെ സകല കുന്ത്രാണ്ടങ്ങളും വഴിപക്കിൽ നിന്ന് കിട്ടുന്നത് പോലെ കൊറേ മനുഷ്യന്റെ ഓരോ അവയവങ്ങളും അവിടെ കിട്ടുമല്ലോ ൂടുമ്പോ ചെറുപ്പവും തുണിയും പോലെ അമ്പതോ എമ്പതോ തൊണ്ണൂറോ എന്നൊക്കെ കിട്ടാൻ പോന്ന് നീ പേടിക്കണ്ട ഒന്നിപ്പോ കൊടുത്താല് കൊറേ കഴിഞ്ഞ നിനക്ക് തിരികെ വാങ്ങി ഫിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും അത് വേണ്ട അസീസെ ഒരു പൈസ ഇല്ലാണ്ടല്ലേ ഞമ്മക്ക് പഠിച്ചോന് ഇത്രയും ഫിറ്റാക്കി തന്നത് ഒന്ന് കേട് വന്നോർക്ക് ഞമ്മളിത് പണം വാങ്ങാണ്ട് കൊടുക്കണ്ടതാ പക്ഷേ നമ്മൾ സെൽമാനെ കെട്ടിക്കാണ്ടിരിക്കാൻ പറ്റുവാ ആ നീയെല്ലാം പറഞ്ഞുറപ്പിച്ചില്ലേ ഒന്നര ലക്ഷത്തിന് അതിലെന്താ സംശയമില്ലാ മാലേ നമ്മൾ പറഞ്ഞാ പറഞ്ഞതാ അല്ല നമ്മൾ എന്നാ പുജാപ്പുളന്റെ ഫോട്ടോ നീ സെൽമാക്ക് കാട്ടീനാ ആദ്യം ഓൾ സമ്മതിച്ചില്ലാട്ടാ ഇക്കാക്ക് ആരാളുള്ളു വിചാരിച്ചിട്ട് ഞമ്മളോളെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോ ഓൾ സമ്മതിച്ചു പിരികേറ്റതാ മോശം കാട്ടൂരല്ലോ നീനിയും ജമാലിനെ എന്നാ എന്നാ എന്നാ കച്ചോടോ ഇവിടാ ഇവിടെ ഇപ്പൊ നിർത്താം അല്ലെ ഞമ്മളങ്ങനെ പറഞ്ഞല്ല ഇപ്പം പല തട്ടിപ്പ് നടക്കുന്നുണ്ടല്ലോ ഞമ്മള് പത്തത്തിൽ കാണുന്നത് കൊണ്ട് ചോയിച്ചു പോയതാ ഷമിക്ക് ഞമ്മക്ക് ആശുപത്രി കൂട്ടിന് പോലും വരുന്ന അന്നെ ഞമ്മള് സംശയിച്ചാ പടച്ചാ പൊറുക്കൂല്ല ജമാല നിങ്ങൾ ആശുപത്രി വാർഡിലേക്ക് പറഞ്ഞേക്കുമ്പോ അവര് ക്യാഷായിട്ട് തന്നെ പണം ഉറക്കം തരൂ നിന്റെ സമ്മതം പത്രം അന്നേ നമ്മള് കൊടുത്തിന് അപ്പൊ ആ പണം നീ തന്നെ സൂക്ഷിക്കണേ നമ്മള് ബോധമില്ലാണ്ട് കിടക്കുമ്പം ആ നിങ്ങഓർമപ്പെടുത്തിയ നന്നായി പിന്ന ആ പണം കിട്ടിയാല് അപ്പൊ തന്നെ ബാങ്കിലിടണോ നിനക്ക് അക്കൗണ്ട് ഇണ്ടാ സഹകരണ ബാങ്കിലുണ്ട് പക്ഷെങ്കിൽ അതങ് നാട്ടിലല്ലേ നീ നിന്റെ ബാങ്കിൽ ഇട്ടാ മതി അതാ ഒരു ഉറപ്പ് അത് നമ്മള് സൂക്ഷിച്ച് വെച്ചോളാ ജമാല നിന്റെ പങ്ങള് നമ്മളും പങ്ങളല്ലേ ഇപ്പ ഞമ്മക്കൊരു സമാധാനായത് അന്നപ്പടച്ചവും കാക്കും നമ്മള് നാട്ടിലെത്തിയ എന്റെ പിറ്റേ നിൽക്കാതെ നിശ്ചയിക്കണം നിന്റെ കൂടെ ഞമ്മളുണ്ടാവും അല്ലേ ജമാലേ ഇപ്പാന്നൊരു ആശ്വാസമായത് ജമാല നിനക്ക് ചായ വേണ്ടേ ഓരോ ചായ അമ്മ കുടിക്കാലോ ആയിക്കോട്ടെ ഇല്ല ഇവിടെ ഒരു രണ്ട് ചായ ഇതാ ഇവിടെ രണ്ട് ചായ കൃത്യം പറഞ്ഞാല് ആയിരത്തിന്റെയും അയിനൂറിന്റെയും നൂറെണ്ണം വെച്ചിണ്ട് പിന്ന നിന്നോട് നമ്മള് കളവരീന് ഒരയ്യായിരം രൂപ ജാസ്തി അതേതായാലും നന്നായി അത് ഓര് നമ്മക്ക് തന്നതാ ഓര് നന്മ അതിലും സംശയമില്ലല്ലോ അതാ ണ്ട് നീ ഒരു കാര്യം ചെയ് നീ ആ വീൽ ചെയറിൽ കയറി നട്ടെ ഏ ഇതൊന്നും പാണ്ടാന്ന് ഞമ്മള് നടന്നു വന്നോളാം അത് പാടില്ല അല്ലേ ഇത് ഞമ്മക്ക് ആ പരിചയമൊന്നും ഇല്ലാത്ത സിനിമയെ കണ്ടിട്ട് ഞമ്മളിത് അല്ല നീ മല്ല മെല്ലെ മതി ആ ഇരിക്കോട്ട് ഓപ്പറേഷൻ ആറ് മണിക്കൂറിലധികം സമയമെടുക്കും അതിനു മുമ്പ് പന്ത്രണ്ട് മണിക്കൂർ വേറിയും ചികിത്സ എന്തിനും ഒരു ഒന്നര ദിവസം കഴിഞ്ഞേ ഇനി ജമാല് വാർഡിലെത്തും പാവം ജമാല് നമ്മളീ പണം ബാങ്കിലിട്ടേക്കാം പോയത് അസീസേ അനങ്ങാൻ പറ്റുന്നില്ല ഇവിടെ ആരുല്ലേ എന്നൊന്നും സഹായിക്കപ്പാ ഡോക്ടറെ ഒന്ന് വിളിക്ക് ആ മനസ്സിലാക്കേ വേണെങ്കിൽ അപ്പുറത്തേക്ക് അതീശം വനം വിളിച്ചോ ഓറും വരും ചോറും ചായും കൊടുത്താ മതി അല്ലെങ്കിൽ നീ ഒരു കാര്യം അങ്ങോട്ട് പോയിക്കോ നേരം വെളുക്കുമ്പോ ഇങ്ങോട്ട് വന്നാ പോരെ ും സമയം വൈകും മാറീന്ന് എന്തിന്റെ കളിക്കുന്നു മാറി മോളെ ഇല്ല ഇല്ല ില്ലെങ്കിൽ ആ കൊടുവാളെടുത്ത് തലക്കൂത്ത് വെച്ചോ രാത്രിയിൽ ആര് വന്നാലും വാരി തുറക്കണ്ടക്കിവിടില്ലാത്ത ആരോടും പറയു വേണ്ട ഇങ്ങനെ ഒരു പെണ്ണ് എന്ത് നാക്കണ്ട ഇവളടുത്ത് ആനങ്ങാൻ കഴിയുന്നില്ലല്ലോ ഒരു മത്തങ്ങ മുറിച്ചെടുക്കുന്നത് പോലെയാ അമ്മമാരത് മുറിച്ചെടുത്തത് ആ ഒരു പച്ചവെള്ളം തരാൻ ആഹാരം ഇല്ലല്ലോ ഇപ്പം പടച്ചോരെന്തിനാവാ ആയത്തിൽ അത് കുഴിച്ചിട്ടിരിക്കുന്നത് ചാക്ക് തുന്നി കെട്ടി ക്കണ പോലെ ആ തുന്നി കെട്ടു അല്ലാ വേണ്ടായിരുന്നു പാ ഒന്നും വേണ്ടയായിരുന്നു ഞമ്മളെന്തിനാ ഉമ്മ പറ്റിട്ടത് ആ അപ്പത്തന്നെ അല്ലാ പറിച്ചോരേ ഞമ്മൾ ആരെങ്കിലും ഒന്ന് കൊന്നു തരുന്നേക്ക് പുണ്യം കിട്ടും വേറൊന്നും വേണ്ട ഞമ്മളെ മൂക്കും ബായി കൂട്ടി പിടിച്ചൊരവർത്തല് അത്ര വേണ്ടു ഞമ്മക്കൊന്നും പറ്റുന്നില്ലല്ലോ അല്ലാ അല്ലാ സൽമാസീസ് ഞമ്മള് ചതിച്ചോ ആസീസേ ഞമ്മളിതാ പോന്ന് ད�ས ད�དད དད དད തിങ്കള് ചൊവ്വ ബുധൻ ഇന്ന് വ്യാഴാഴ്ച ഇക്ക ഞായറാഴ്ച പോയതാ ഏടിയപ്പ പോയിനേ എന്തോ പഠിച്ചോനെ കാക്കണേ ഞമ്മൾ കാക്ക എന്തോ പറ്റിട്ടുണ്ട് നിങ്ങളെ മനസ്സ് അത്രയും ബേജാറില്ല അടുപ്പ് കത്തിച്ചിട്ട് മൂന്നു ദിവസായി ആ എടാ മൊയമ്മതെ നിനക്ക് വേണ്ടിട്ടാ നമ്മള് കഞ്ഞിവെക്കുന്നു ീ ഞമ്മടെ കാൽക്കാരനാ പോലീസ് നായനെക്കാളും ബുദ്ധിയുണ്ടെന്ന് ഇക്കറിയാം നിന്നെ ഞമ്മൾ കൊടുക്കൂലെ അഴക്കാൻ വേണ്ടിട്ട് എത്ര ആളാ ചോദിക്കുന്നു എൻ്റെ കൊടുക്കൂലേ കൊറച്ചുകൂടെ ക്ഷമിക്കണ്ട മൊയമ്മതേ കഞ്ഞിവെച്ചാല് പിണ്ണാക്കും തവിടും കൂട്ടി തരുന്നുണ്ട് ഞാ ജമാലിന്റെ അടുത്തു നിന്നാ വരുന്നു ഇക്കീസ് പറ ഒന്നൂല്ല ഓനെ ഒരു വണ്ടി അടിച്ചിട്ട് ആശുപത്രിയിലാ സൽമാെറിയ ചെറിയ പരിക്കേലോ വിഷമിക്കാനൊന്നുമില്ല പക്ഷെ ഓൻ ഇടക്കിടക്ക് സൽമാൽമാന്ന് േരോട് പറയണ്ടേ ഞാനിപ്പം വരൂ ഇപ്പം ഒന്ന് വേഗം നടന്നോ ഇപ്പൊ പോയാ ഒരു വണ്ടി കിട്ടും വണ്ടിയാ തീവണ്ടി പോണ പിന്നെ പിന്നെങ്ങനെ മംഗലാർത്ഥത്താ അപ്പോ നിനക്ക് ജമാലിനെ കാണണ്ട കാണോ കാണോ എന്ന ശ്രമിക്കും അറുപത്തി ആറ് ഇരുപത്തി ഏഴ് ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ഫ്രഷ് കോട്ട് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് േക്ക് ക്ഷീണാവൂ നോമ്പും എടുക്കുന്നുണ്ടാടോനേ ഞമ്മളിത് എങ്ങോട്ടേക്കാ നമ്മളെ കൂടെ അല്ലേ നീ വരുന്നേ പിന്നെ ജമാലിന്റെ പെങ്ങള് എന്റെയും പെങ്ങളാ നീ ടുന്ന് ലിഫ്റ്റി പോണോ ലിഫ്റ്റിയാ അതെ സ്ഥലോ കാണുന്നടുത്ത ലിഫ്റ്റ് അതില് കേറിയ വേഗം മോളിലെത്താം ഏടിയാ പഠിച്ചോണ്ട് നിങ്ങൾ പറയുന്നു എ കാക്ക പെരുത്തും വിവരം സിനിമ കണ്ട ബൈതെറ്റു അതോണ്ടാ അത് കാണാത്തോരാ ഇപ്പൊ അധികവും വൈതെറ്റുന്നു ഇവിടെയാണ് റൂം എടുത്തത് ആശുപത്രി അപ്പുറത്താ എപ്പം പോകാൻ പറ്റൂല ജമാല് ഐ സിയുലോ ഇവിടുന്ന് അതാ ഡോക്ടർ വരുന്നുണ്ട് അവര് പറയും ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ ആ ഡോക്ടറെ പറഞ്ഞേ അതെന്താ ഭാഷ കന്നട നമ്മക്ക് അഞ്ചട്ട് ഭാഷ അറിയും സംശയിക്കും ജമാലിനെ കാണാൻ ഒരു മണിയാകും നിനക്ക് കാല മുഖവും ല്ലേ പടച്ചിട്ട് അത് രണ്ടും ഒന്നാ നിന്നെ പോലത്തെ ഒരു മൊഞ്ചത്തിന് കൈ കിട്ടിയിട്ട് വെറുതെ വിട്ടാല് പടച്ചോം പൊറുക്കോ നിനക്ക് രക്ഷയില്ല മോളെ നിന്റെ മഞ്ചു കാണുമ്പോ പത്ത് പിടിക്കുന്നു മാത്രം മതി നിനക്ക് ഞാൻ നല്ലൊരു സുൽത്താനെ തരാട്ട ും ബുദ്ധിയുള്ള നമ്മള് രണ്ടു പേര് മാത്രീക്ക് ഞാൻ ഇപ്പഴത്ത് കാത്തിരിക്കാ നീ വേഗം ഒരുങ്ങിട്ടുവാഗം വരണേ പാത്തുമ്മ ബി ബീടെ പൊന്നാരമോള് കാണാൻ അഴകുള്ള സീനത്ത് ഓർത്തോർത്തിരിക്കുമ്പം ഓരോ നിമിഷവും കാണാൻ അഴകുള്ള സൽമത്ത് ഓ ോർത്തോർത്തിരിക്കുമ്പം ഓരോ നിമിഷവും സൽമാൽ എന്റെ സൽമാ ചെകുത്താൻ ഒന്നാ നമ്മളിപ്പം ചെകുത്താനാ നമ്മളെ കൊണ്ട് നടക്കണം ഈ കൊടുവാള പടച്ചു ീ നരട് നമ്മല നമ്മള് പോലീസ് നടത്തേക്കു നമ്മളെടുക്കാനും പോലീസ് കാട്ടിച്ചു ജമാലിന്റെ സ്വപ്നങ്ങൾ രചന ബാലകൃഷ്ണൻ കെ ചെറുകര കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ കൊണ്ട് നോക്കിയാൽ ഒന്നര കോടി ജമാൽ ഉണ്ണിരാജൻ ചെറുവത്തൂർ അതിലെന്താ സംശയം ജമാൽ നമ്മള് പറഞ്ഞ പറഞ്ഞതാ ും ആരോ അങ്ങോട്ട് ഭരുന്നുണ്ടല്ല സൽമ നിഷൻ സംവിധാനം പി വി പ്രശാന്ത് കുമാർ